ൃത്തി ഉണ്ട് എന്ന് പറഞ്ഞു കാര്യമായിരിക്കുന്ന അന്തക്കർണവൃത്തി സാക്ഷാത് അധകർ വൃത്തിയുണ്ട് അന്യത ചൈതന്യ ഛായാപത്തിന അന്ധകരണവൃത്തിനായുഭവത്തു സാക്ഷാത്കാര സാക്ഷാത്കാരം അത് സംഭവിക്കുന്ന സമയം അഹം ബ്രഹ്മാസ്മിയാണ് സാക്ഷാത്കാരം അവിടെ അന്ധകർണവൃത്തിയുണ്ട് അല്ലാതെ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേവലമായ ബ്രഹ്മത്തിന്റെ സ്വയംപ്രകാശമായ സ്ഥിതിയല്ല അവിടെ എന്തുകൂടെ ഉണ്ട് അന്ധകർണവൃത്തി ഇവിടെ ഉണ്ട് എന്തിനെ സ്വീകരിക്കണം അന്ധക്കരണവൃത്തി ഉണ്ടായിരിക്കണം ഉണ്ടായാൽ അതില് ബ്രഹ്മചൈതന്യം ഉണ്ടാവും ബ്രഹ്മസാന്നിധ്യത്തിലാണ് ബ്രഹ്മചൈതന്യം അന്ധക്കരണവൃത്തിയിലുണ്ടാവും അന്ധക്കരണ ജഡമാണ് അപ്പോ അതിനൊരി ഒരിക്കലും പ്രകാശിക്കാൻ കഴിയത്തില്ല അപ്പോ അതില് ചൈതന്യം വരണം പ്പോ ചൈതന്യം പറഞ്ഞെങ്കിൽ അവിടെ ചൈതന്യത്തെ സ്വീകരിക്കാൻ അന്ധകരണവൃത്തി വേണം അപ്പൊ ആ ചൈതന്യത്തെ സ്വീകരിച്ചിരിക്കുന്ന അന്ധക്കരണവൃത്തി അതാണ് സാക്ഷാത്കാരം ആ അന്ധകരണവൃത്തിയുടെ ആ സാക്ഷാത്കാരത്തിന്റെ വിഷയമാണെന്ന് ബ്രഹ്മം എന്ന് പറയുന്നു അല്ലെങ്കിൽ സാക്ഷാത്കാരം നടക്കരുത് അപ്പൊ സാക്ഷാത്കാരം നടക്കുന്ന സമയത്ത് അങ്ങനെയാണ് അപരോക്ഷ സാക്ഷാത്കാരം എന്ന് അപരോക്ഷ സാക്ഷാത്കാരം നടക്കുന്ന ആ സമയത്ത് അസമാധി അവിടെ അന്ധക്കരണം അവിടെ ഉണ്ടായാലേ പറ്റൂ അത് കഴിഞ്ഞടുത്ത് നശിച്ചു എന്തുകൊണ്ടാണ് നശിക്കുന്നത് അവിദ്യ കാരണം അവിദ്യ കാര്യമാണ് ഈ അന്ധക്കരണം അതില അതിന്റെ പരിണാമമാണ് അന്ധക്കരണ പരിണാമം ൃത്തിഅ ഉണ്ടായാലേ പറ്റൂ അതാണ് വിനശ്ചിത അവസ്ഥ ആ നശിക്കുന്നതിനു മുമ്പുള്ള സമയം എന്തൊക്കെ വൃത്തിഅണ്ടായിരുന്നു അല്ലെങ്കിൽ അന്യതാന്ന് വെച്ചാ അവിടെ എന്തൊക്കെ വൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാക്ഷാത്കാരം ഉണ്ടാകത്തില്ല ചൈതന്യ ഛായാപത്യം പിന്ന ചൈതന്യെന്നു വെച്ചാൽ ചൈതന്യ പ്രതിബിംബം കൂടാതെ അതില് പ്രതിബിംബം വരണം അന്ധക്കരണവൃത്ത് ഹേ അവിടെ അന്ധകർണവൃത്തിയെന്ന് പറയുന്നത് സ്വയം അചേതനായ അന്ധകർണവൃത്തി ഇടമാണ് അപ്പൊ അതിന് ചൈതന്യം വന്നേ പറ്റും സ്വപ്രകാശത്വ അനുഭവത്തോ അത് സ്വയം പ്രകാശമല്ല അതിന് ബ്രഹ്മചൈതന്യം കൊണ്ട് പ്രകാശിക്കുന്നതാണ് അതൊരിക്കലും സ്വയം പ്രകാശമല്ല സാക്ഷാത്കാരത്വമായ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല സാക്ഷാത്കാരം സംഭവിക്കണമെങ്കിൽ വേണം അത് അത് ചൈതന്യവിത്താകണം അവിടെ സാക്ഷാത്കാരത്തിൽ അന്ധക്കരണം ഉണ്ടായിരിക്കണം അവിടെ സർവോപാധി നശിക്കാൻ പാടില്ല അവിടെ അവിദ്യ ഉണ്ടായിരിക്കും അവിദ്യകാര്യമായ അന്ധകരണത്തിൻ്റെ പരിണാമമായ അന്ധകരണ ഉണ്ടായിരിക്കും അതിൽ ചൈതന്യം ഉണ്ടാകും അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നു എന്നു പറഞ്ഞു അത് അവിദ്യയും നശിപ്പിക്കുന്നു അവിദ്യയും നശിപ്പിക്കുന്നുകൊണ്ട് അടുത്ത് ക്ഷണവന്തിയെയും ആവൃത്തിയും നശിക്കുന്നു പിന്നെ കേവലമായ ബ്രഹ്മം ഇതാണ് സാക്ഷാത്കാരത്തിന്റെ പ്രക്രിയ കാലം പറയുന്നു പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈതന്യം അറിവ് ചൈതന്യറിവാണ് ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനസ്വരൂപമാണ് അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ പ്രതിബിംബം വരിക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ജ്ഞാനം അതിനെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ണത്തെ അന്ധകർണത്തെ ഞാനും പ്രകാശിപ്പിക്കും അത് അഭിവ്യമാണ് ബ്രഹ്മാഭിവ്യഞ്ചാണെന്നും അതോടെ സംഭവിക്കുന്നു അല്ലാതെ സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ വരുന്നവരവിടെ ഒരു പ്രതിബിംബം ഒന്നും പറയുന്നില്ല ജ്ഞാനത്തിന്റെ സാന്നിധ്യത്തിൽ എന്തിരുന്നാലും ജ്ഞാനം പ്രകാശിപ്പിക്കും നമ്മുടെ ഉള്ളിലെങ്ങനെയാണോ അസുഖവും ദുഃഖവും വരുന്നത് അപ്പോ ഉള്ളിലിരിക്കുന്ന ഞാനും സുഖത്തെയും ദുഃഖത്തെയൊക്കെ പ്രകാശിപ്പിക്കുന്നു അതുപോലെ ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ എന്തിരിക്കുന്നു അന്ധകർണവൃത്തി അഹം ബ്രഹ്മാസ്മി എന്നുള്ള അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ ജ്ഞാനം തന്നെ അന്ധകരണവൃത്തി എന്ന് പറയും അത് അതിന് ജ്ഞാനാശ്യമുണ്ട് എന്തൊക്കെയുള്ള പരിണാമാംശ്യമുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ രൂപം അതാണ് എന്തൊക്കെയുള്ള പരിണാമം അവിടെയുള്ള ആ അറിവ് അതാണ് ബ്രഹ്മത്തിൽ നിന്ന് അതിന് പെട്ടെന്ന് അപ്പത് വേർപിരിക്കാൻ പറ്റത്തില്ല വൃത്തിയും ചെയ്തന്യം കൂടി പ്പെട്ട ഇരിക്കും അല്ലാതെ ജ്ഞാനം വേറെയാണ് വൃത്തി വേറെയാണെന്ന് മാറ്റാൻ പറ്റില്ല അതങ്ങനെ താതാമ്യത്തെ ഇരിക്കും വേണമെങ്കിൽ ഇരുമ്പും പോലെ എന്ന് പറയാം ഇരുമ്പിൽ കാന്തം ഇരിക്കുന്നു അല്ല അത് പൊതുവായ കാര്യം പറയുന്നു അവിടെ സാക്ഷാത്കാരത്തെ കുറിച്ചൊന്നും പറയുന്നില്ല എല്ലാം ചൈതന്യമയമായിരിക്കുന്നു പറയുന്നു എന്നുവെച്ച അനുമിത ഭാവിതാക്ഷാത്കാര പ്രതിഭാത്വനമാണ് ഇവിടെ ഇങ്ങനെ അഹംബ്രഹ്മാസ്മി ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ഇങ്ങനെ സാക്ഷാത്കാരമുണ്ടായാൽ അത് നേരത്തെ പറഞ്ഞു ശിശിര തര മന്ധര പായസ്യ വളരെ തണുപ്പത്തിരുന്ന് പറിക്കുന്ന ഒരാള് അഗ്നിയെ അനുമാനിച്ച് അതിനെ ധ്യാനിച്ചു എങ്ങനെയാണ് അവർക്ക് അഗ്നിയുടെ പ്രത്യക്ഷം ഉണ്ടാകുന്നത് അവിടെ അഗ്നി എന്ന് പറയുന്നതില്ല പക്ഷെ അത് കാണാൻ പറ്റും അതിനെ പറഞ്ഞു പ്രതിഭാജ്ഞാനം പറയും വിഷയം അവിടെ ഇല്ല എന്നാൽ അവിടെ അങ്ങനെയൊരു വസ്തുവുണ്ടെന്ന് അത് പിന്നെ ഭാവന എന്ന് പറയും അപ്പൊ പ്രമേയ കൂട്ടാൻ അത് അപ്രമേയാണ് ഭാവന ആയാലും പൂർണമായും രജിസർപ്പം പോലെ ഒരു ഭ്രാന്തിയൊന്നും പറയാൻ പറ്റത്തില്ല ഭാവന എന്ന് പറയുന്നത് പുഷ്പത്തെ കണ്ടിട്ട് ഒരു പുഷ്പത്തെ കണ്ടിട്ട് ഒരാളെന്തു പറയുന്നു ആ പുഷ്പം എന്ന് പറയുന്നത് ഒരു പെണ്ണാണെന്ന് പറയും എന്ന് പറയുന്ന അയാൾക്ക് ഭ്രാന്തിയല്ല അയാൾ കൽപ്പിക്കുന്നതാണ് അയാളുടെ ഒരു ഭാവനയാണ് പക്ഷെ അത് യഥാർത്ഥം ഞാനും അല്ല അയാളെ അയാൾ ബോധപൂർവ്വം കൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ അതിനെ കൽപ്പിച്ച് കൽപ്പിച്ച് മുമ്പിൽ അയാൾക്ക് വന്യം നിൽക്കുന്നതുപോലെ അനുഭവപ്പെടുന്നു അതിനാണ് പ്രതിഭുപറുന്നത് പ്രതിഭാജ്ഞാന അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനമില്ല വെറുതെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം തോന്നും ബ്രഹ്മം സാക്ഷാത്കരിച്ചെന്ന് തോന്നും എന്ന് നേരത്തെ പറഞ്ഞു അങ്ങനെയാണോ പറയുന്നു അങ്ങനെയല്ല എന്നുവെച്ച അനുമിത ഭാവിത അനുമാനത്തിലൂടെ അനുമിതിയിലൂടെ ശ്രദ്ധിച്ച വന്യ സാക്ഷാത്കാരവും വന്യയുടെ സാക്ഷാത്കാരം പോലെ വന്യ പ്രത്യക്ഷമാകുന്നത് പോലെ പ്രതിഭാത്വേന പ്രതിഭ ആയതുകൊണ്ട് ഈ അറിവ് ബ്രഹ്മ സാക്ഷാത്കാരം സത് അപ്രമയാണ് ഭ്രാന്തിയാണ് അല്ലെങ്കിൽ ഇത് പ്രമേയല്ല പറയാൻ കഴിയത്തില്ല ഇത് പ്രമേ തന്നെയാണ് നടത്തം കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്താണോ പരമാത്മകമായ അവിടെ വന്യെ ധ്യാനിച്ച വന്യയുടെ പ്രത്യക്ഷ ഉണ്ടാവുന്ന ശരി തന്നെയാണ് തത്ര വന്യ സുലക്ഷണസ്യാ പരോക്ഷത്വം അവിടുത്തെ ആ വന്യരൂപം എന്ന് പറയുന്നത് ഇയാള് കാണുന്നുണ്ടെങ്കിലും അത് പരോക്ഷമാണ് കാരണം അവിടെ വന്യ ഇല്ല ഇയാൾ ഒരു ക്ഷണം തന്ന മുമ്പിൽ വന്യെ കാണുകയാണ് പിന്നെ നോക്കുമ്പോൾ കുഞ്ഞയുടെ ഇല്ല അത് പരോക്ഷമായ ഒരു കാഴ്ചയാണ് അയാളുടെ മനസ്സിൽ തോന്നുന്നതാണ് ബാഹ്യമായ ഉള്ളതുപോലെ മനസ്സിൽ തോന്നുന്നു ഒരു പുഷ്പത്തെ കണ്ടപ്പോ പെണ്ണായിട്ട് തോന്നുന്നു അത്രേയുള്ളൂ അയാളുടെ മനസ്സിൽ തോന്നാതെ പുഷ്പ ഒരിക്കലും പെണ്ണാകത്തില്ല അതുപോലെ വന്യസ്വരക്ഷണത്തിൽ വന്യസ്വരൂപം അവിടത്തെ വന്യസ്വരക്ഷ വന്യസ്വരൂപം അത് പരോക്ഷമാണ് അവിടെ ഉപാധിക ഇവിടെ അങ്ങനെയല്ല ഇവിടെ അഹം ബ്രഹ്മാസ്മിപ്പനിച്ച് പ്രത്യക്ഷമാക്കുന്ന ആ ബ്രഹ്മം നേരത്തെ തന്നെ അത് അപരോഷമായിരുന്നു എങ്ങനെ നേരത്തെ പറഞ്ഞു നയം ഏകാന്തേന ഇത് പൂർണ്ണമായ അഭിഷേകമായൊരു കാര്യമല്ല കാരണം അഹം പ്രത്യാസ്പെ പറഞ്ഞു അഹോ അനുഭവത്തിന്റെ ആശ്രയമായിട്ടിത് നേരത്തെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റങ്ങനെയല്ല മറ്റേ എന്താണ് അനുമാനിച്ച് ഭാവനയിലൂടെ കാണുന്ന കാര്യമാണ് ഇതങ്ങനെയല്ല നേരത്തെയും ബ്രഹ്മത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നുള്ള അറിവിനെ ആസ്പദമായിട്ട് പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണിത് ഉപാധികളോട് കൂടിയതാണ് അന്ധക്കരണം സുഖ ദുഃഖാദികളോട് കൂടിയാണ് എന്തിനെ അറിയുന്നത് ബ്രഹ്മത്തെ എങ്ങനെ അറിയുന്നത് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് ഞാൻ കർത്താവാണ് ഭോക്താവാണ് അപ്പൊ അന്ധക്കരണം കൊണ്ട് കലുഷിതമായിരിക്കുന്ന അന്ധക്കരണം കൊണ്ട് മലിനമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ തന്നെ മുമ്പും പ്രത്യക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് അഹും അനുഭവം അതിനാണിപ്പോ സാക്ഷാത്കരിക്കുന്നത് അപ്പൊ അപരോക്ഷമായ ഒന്നിനെ സാക്ഷാത്കരിക്കുക ഭന്യട കാര്യം അങ്ങനെയല്ല ഇവിടെ കടുത്ത തണുപ്പാണ് മഞ്ഞു മൂടിക്കിടക്കാണ് അവിടെ മഞ്ഞ സാധനം ഇല്ല അപരോക്ഷമായിട്ടില്ല പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു ധ്യാനിച്ചിട്ടെ അപരോക്ഷമാണെന്ന് ഭ്രമിക്കുന്നു പക്ഷെ അത് പരോക്ഷമാണ് കാരണം അവിടെ അനിമിതിയിലൂടെ അറിഞ്ഞാണ് അതുകൊണ്ടാണ് പരോക്ഷം പറയുന്നത് ഒരു കാര്യത്തെ അനിമിതിയിലൂടെ അറിഞ്ഞുകഴിഞ്ഞാൽ അതെന്തായിരിക്കും പരോക്ഷമായിരിക്കും പ്രകൃത മന്യമാണ് ധൂമത്തെ കണ്ടിട്ടാണ് പറയുന്നത് പർവ്വതത്തിൽ വന്നിണ്ടെന്ന് അപ്പൊ ധൂമത്തെ കാണുന്നത് ശരിയാണ് പക്ഷെ പർവ്വതത്തിലെ വന്നിന്ന് പറയുന്നത് പ്രത്യക്ഷണോ വെടിയാളെന്ത് ചെയ്യുന്നു തണുപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് അനുമാനിക്കുകയാണ് ഭഞ്ഞെ അങ്ങനെ അനുമാനിച്ചു കഴിഞ്ഞ കാണുന്ന ആ വഞ്ഞി എന്ന് പറയുന്നയാളെ സംബന്ധിച്ച് പരോക്ഷമാണ് പക്ഷെ അയാൾ പ്രത്യക്ഷമായി കാണുന്നു എന്ന് കരുതുന്നത് ഒരു ഭ്രാന്തിയാണ് ഇവിടെ അങ്ങനെയല്ല അഹമെന്നുള്ള അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ബ്രഹ്മത്തെയാണ് ആ ബ്രഹ്മത്തെ അഹമെന്ന അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക ബ്രഹ്മത്തെ ഇപ്പൊ സാക്ഷാത്കരിക്കുകയാണ് അപ്പൊ അപരോക്ഷമായതിനെ സാക്ഷാത്കരിക്കുകയാണ് ഇത് ഭ്രാന്തി അല്ല മുമ്പും ഇയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതിനു മുമ്പും ഇയാൾക്ക് ബ്രഹ്മത്തിന്റെ അപരോക്ഷതയുണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായതിനു ശേഷവും ഒരു വ്യത്യാസം എന്താണ് മുൻപത് ഇഹതു ബ്രഹ്മസ്വരൂപാധിക ജീവസ് മുൻപത് ജീവരൂപത്തിൽ പ്രത്യക്ഷമായെന്ന് വെച്ചാൽ ഉപാധികൊണ്ട് മലിനമായി ഇപ്പൊ എങ്ങനെ അറിയുന്നു സർവോപാധി രഹിതമായി ഇവിടെ പറഞ്ഞാൽ അഖണ്ഡ സാക്ഷാത്കാരം അവിടെ എന്തിനാ അറിയുന്നത് അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മത്തിന് അപ്പം നേരത്തെ ഉള്ള ഉപാധി കൊണ്ട് മലിനമായിരിക്കുന്ന ജീവന്റെ അനുഭവം ബ്രഹ്മത്തിന്റെ അനുഭവമാണെങ്കിലും വ്യത്യാസമുണ്ട് ഇവിടെ അഖണ്ഡ സാക്ഷാത്കാരം നമ്മുടെ അതായാലും കുഴപ്പമില്ല ലക്ഷം സ്വരൂപം മന്യരൂപസ്യ മഞ്ഞ മതി വന്യത്വത്തിന്റെ ആവശ്യമില്ല സ്വരൂപ സ്വലക്ഷണസ്യസ്വരൂപസ് വന്യസ്വരൂപരൂപ അപ്പൊ ഇവിടെ ജീവൻ നേരത്തെ തന്നെ അപരോഷമായിരിക്കുന്നു പക്ഷെ അതങ്ങനെ ഉപാധി കൊണ്ടും മലിനമായി സാക്ഷാത്കാരത്തിനും അപരോഷമാണ് അപ്പൊ അങ്ങനെ സർവോപാധി രഹിതമായി അണ്ടത്രയുള്ള വ്യത്യാസം അതുകൊണ്ടത് വന്യയുടെ പരോക്ഷ ജ്ഞാനം പോലെ അല്ല അവിടെ വന്യ അപരോക്ഷമാണെന്നയാള് ഭ്രമിക്കുകയാണ് അത് അപരോഷമാണ് ഇവിടെ അങ്ങനെയല്ല ഇത് യഥാർത്ഥ ജ്ഞാനമാണ് എന്നുള്ള വ്യത്യാസം പറയുന്നത് അഹം എന്ന് പറയുന്ന അനുഭവമുണ്ട് അത് പ്രത്യക്ഷമാണ് എല്ലാവർക്കും സമ്മതമുള്ള കാര്യമാണ് അഹമെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട് അത് പ്രത്യക്ഷമാണ് അത് ഉപാധി കലുഷിതമാണെന്നുള്ളതിൽ ആർക്കും പ്രയത് കൊണ്ട് ഞാൻ സുഖി ഞാൻ ദുഃഖി അനുഭവിക്കുന്നുണ്ട് ഇതിനും പ്രത്യേക അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ ഈ അനുഭവം ആസ്പദമായി ഇതിന്റെ പിന്നിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം അല്ലാതെ ഞാൻ അപരോക്ഷമായിരിക്കുന്നു എന്ന് പറയുന്നത് ആർക്കും അഭിപ്രായ അപ്പൊ ഇവിടെ ഈ ഞാനെന്ന് പറയുന്ന ഈ അനുഭവം ഇത് ഈ അനുഭവത്തിന്റെ പിന്നിലുള്ള ആ ബ്രഹ്മത്തിന്റെ അനുഭവമാണെന്നാണ് ഇവിടെ ശരിക്കും ബ്രഹ്മമാണ് ഈ ജ്ഞാനെന്നുള്ള അനുഭവത്തിലൂടെ പുറത്തു അതുകൊണ്ട് സമാധിയില് സാക്ഷാത്കരിക്കുമ്പോ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും ഉപാധികളുമായി ഇതാണ് മറ്റുള്ളവർ അംഗീകരിക്കാത്തത് അവർ പറയുന്നത് അഹം എന്ന് പറയുന്ന അനുഭവമുണ്ട് സുഖം ദുഃഖം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അനുഭവം അത് ശരി സമ്മതിക്കാം ആ ഉപാധികളോടുകൂടിയതാണ് പക്ഷെ സമാധി സാക്ഷാത്കരിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഈ ഉപാധികളൊന്നും കൂടാത്ത ഒരു ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാം ശുദ്ധമായ ജ്ഞാനത്തെ എന്ന് പറയുന്നതിനോടാണ് മറ്റുള്ളവർ യോജിക്കാത്തത് മറ്റുള്ളവരെന്താ പറയുന്നത് നിങ്ങൾ പറയുന്ന തരത്തിൽ അങ്ങനെ സാക്ഷാത്കാരിക്കാനായിട്ട് ഒരു സാധനമില്ല ഈ പറയുന്ന അഹമെന്ന് പറയുന്ന ഈ അനുഭവത്തിനപ്പുറം അഹം ആസ്പദമായിട്ട് വേറെന്നില്ല ഉണ്ടെന്ന് നിങ്ങൾ വെറുതെ പറയും എന്തേ ഉള്ളൂ അഹമെന്ന് പറയുന്ന ഈ അനുഭവമേ ഉള്ളൂ അതിനപ്പുറമൊന്നും ഇല്ലെന്നാണ് ഇതിന്റെ മറ്റുള്ളവർ പറയും അത് ഇത് പറയുന്ന അങ്ങനല്ല ഈ അനുഭവത്തിന്റെ പിന്നിൽ മറ്റൊരു സാധനമുണ്ട് അതാണെന്ത് ശുദ്ധജ്ഞ അവിടെയാണ് തർക്കം ഇപ്പൊ പറയുന്നു ശുദ്ധ ബുദ്ധത്വതയോ വസ്തുതോ വസ്തുതോ അതിരിച്ചത് ആ അവിടെ ഒന്നുകൂടെ അതൊക്കെ കഴിഞ്ഞു നഹി ശുദ്ധ ബുദ്ധത്വ അതെയോ വസ്തുതോ വസ്തുത അതോ ആദരിച്ചത് അപ്പോ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് എന്താണ് സത്യമാണ് ജ്ഞാനമാണ് ആനന്ദമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് ഇപ്പൊ നിങ്ങള് പറയുന്ന എങ്ങനെയുള്ള ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു അത് കേവല അറിവായിട്ട് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ശുദ്ധത്വം ആനന്ദം ഇതൊക്കെ എവിടെ പോയി അതിന്റെ സാക്ഷാത്കാരം വേണ്ടേ അപ്പൊ അത് പറയുന്നു ശുദ്ധത്വം ബുദ്ധത്വം ആനന്ദം ഇതെന്നെന്താണ് വസ്തുത പരമാർത്ഥത്തിൽ ഈ പറയുന്ന അറിവിൽ നിന്നും അതിരിച്ചത് വേറെയല്ല എല്ലാ അറിവ് തന്നെയാണ് അറിവിനെ തന്നെയാണ് ശുദ്ധമൊന്നും ബുദ്ധമെന്നും ആനന്ദമൊന്നും എല്ലാം പറയാ അറിവല്ലി ഇപ്പൊ നമ്മുടെ അനുഭവത്തിലുള്ളത് ഈ അന്ധക്കരണമായ ഉപാധി കൊണ്ട് മലിനമായിരിക്കുന്ന ഈ ഞാൻ എന്നുള്ള ഈ അറിവ് ഈ അറിവല്ലി നമുക്കിപ്പോ അനുഭവത്തെ ഒടുവിൽ സാക്ഷാത്കരിക്കുന്നത് അതും ബ്രഹ്മാസമി അപ്പോൾ അവിടെ അറിവല്ലേ വരാൻ പാടുള്ളൂ ബാക്കിയുള്ള ആനന്ദമൊക്കെ അവിടെ പോയി അതിനാണ് പറയുന്നത് ഇത് ഈ ആനന്ദവും മറ്റു അറിവിൽ നിന്നും വേറെയല്ല അറിവ് തന്നെയാണ് ഇതല്ല എന്നാണ് പറയുന്നത് ജീവ ഏവത്വ തത്വത് ശുദ്ധ ബുദ്ധാദി സ്വഭാവോ ബ്രഹ്മേദി ഗീയതേ പറയുന്നു നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ട് ഇന്നേ ജീവൻ അതിനെ അറിവായിട്ടില്ലേ അറിയുന്നത് ഞാൻ എന്നിങ്ങനെ ഈ ജീവൻ തന്നെയാണ് അറിവ് തന്നെയാണ് തത്തത് ഉപാധിരഹിത ശരീരം ഇന്ദ്രിയം മനസ്സ് തുടങ്ങിയ ഉപാധികളെല്ലാം വിട്ടിട്ട് ശുദ്ധ ബുദ്ധാദി സ്വഭാവവും ശുദ്ധവും ബുദ്ധവും ആനന്ദവുമായി ബ്രഹ്മേരികീയതേ ആനന്ദമായി ശുദ്ധമായി ബുദ്ധമായി ബ്രഹ്മം എന്ന് പറയപ്പെടുന്നത് ഇപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനായിരിക്കുന്ന അറിവിനെ തന്നെ ബ്രഹ്മമായി അറിയുമ്പോ അത് തന്നെയാണ് ആനന്ദമായും ഏ അറിയുന്നത് അത് ആനന്ദവും അത് തന്നെയാണ് ശുദ്ധവും ബുദ്ധവും അത് തന്നെയാണ് അറിവും അത് തന്നെയാണ് അപ്പൊ അപ്പോ ഇപ്പോ എന്തേ അറിയുന്നുള്ളൂ അറിവിനെ അറിയുന്നുള്ളു എന്താ കാരണം ഇപ്പോ ഉപാധികൾ കൊണ്ട് ഇത് മറിഞ്ഞിരിക്കുന്നോണ്ടാണ് ഉപാധികൾ കൊണ്ട് ശരീരേന്ദ്രിയം മനസ്സ് തുടങ്ങിയ ഉപാധികൾ കൊണ്ട് മറിഞ്ഞിരിക്കുന്നോണ്ടാണ് കേവലം അറിവായി ജീവനെ അറിയുന്നത് തന്നെ അറിയുന്നു പിന്നെ അറിവായിട്ടാണെന്നറിയുന്നു ഞാൻ എന്നിങ്ങനെ അറിയില്ല അറിവല്ലേ സാക്ഷാത്കാരത്തെ എന്ത് വരുന്നു എങ്ങനെയാണോ മേഘം കൊണ്ട് ആദിത്യം മറിഞ്ഞിരുന്നാലും ആകാശത്തിന്റെ ആതിഥ്യം ഉണ്ടെന്നറിയാൻ പറ്റും പ്രകാശം ഉണ്ടാവും അപ്പോ മേഘം കൊണ്ട് ആദിത്യം മറിഞ്ഞിരുന്നു കഴിഞ്ഞാലും പ്രകാശമുണ്ട് അതുപോലെ ഉപാധി കൊണ്ട് കലുഷിതമായാലും അവിടെ കൂടുതൽ അറിവുണ്ട് ഇനി ആ മേഘത്തെ കാറ്റ് നീങ്ങിക്കിടഞ്ഞാലോ അപ്പോൾ സൂര്യനെ നേരിട്ട് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന കേവലം പ്രകാശമല്ല സൂര്യന്റെ തിളക്കവും വൃത്താ എല്ലാം അനുഭവിക്കാൻ പറ്റും അതുപോലെ ബ്രഹ്മത്തിന്റെ ശുദ്ധത്വം ബുദ്ധത്വം ആനന്ദത്വം ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും അറിവായിട്ട് അനുഭവിക്കാൻ പറ്റും ാണ്ഹിതം അതാധികളെല്ലാം വിട്ടിട്ട് നജ തത്വതുപാധിവിരഹോബി തോ അതിരിച്ച ഇവിടെ വേറൊരു പ്രശ്നം സാക്ഷാത്കാരം വരുന്നു സാക്ഷാത്കാരം വരുമ്പോ അജ്ഞാനം നശിച്ചു അജ്ഞാനം നശിച്ചു പോയല്ല ബ്രഹ്മത്തെ മാത്രമേ സാക്ഷാത്കരിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു പക്ഷെ അവിടെ അജ്ഞാനം നാശമുണ്ടല്ലോ സാക്ഷാത്കാരം കൊണ്ട് അജ്ഞാനം വെച്ചാൽ അപ്പൊ നാശത്തെ കൂടെ അനുഭവിക്കണ്ടേ നാശം എന്ന് വെച്ചാൽ ധ്വംസം അഭാവം ബ്രഹ്മവും ബ്രഹ്മത്തിലുള്ള ധ്വംസത്തെ കുടവെടുത്തിട്ട് ഉടയ്ക്കുന്നു ഉടച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ കാണുന്നത് ഓടുകൾ ഓടുകളിൽ എന്താ നമ്മൾ കാണുന്നത് തർക്കന്മാർ പറയുന്നത് ധ്വംസമാണ് അതിന്റെ നാശത്തെ കാണും അതിന്റെ കുടത്തിന്റെ നാശത്തെ അതുപോലെ അവിദ്യ സാക്ഷാത്കാരം കൊണ്ടും നശിക്കുന്നു അപ്പൊ ആ നാശത്തെ കാണണ്ടേ അപ്പൊ ബ്രഹ്മവും കാണും നാശവും കാണും അപ്പൊ അവണ്ട സാക്ഷാത്കാര അവണ്ടെ സാക്ഷാത്കാരത്തെ എന്തേ കാണാൻ പാടുള്ളു നാശവും കാണും ഓടുകളിൽ കുടത്തിന്റെ നാശത്തെ കാണുന്നു അതെ ബ്രഹ്മത്തിനെന്ത് കാണണം എന്ത് കാണണം അപ്പ വിദ്യയുടെ നാശത്ത കാണും ആ വിദ്യയുടെ നാശത്തെയും സാക്ഷാത്കരിക്കേണ്ടാണ് താധിവിരഹോ ഉപാധിവിരഹം എന്നിട്ട് ഉപാധ്യ അഭാവം ഓരോ ഉപാധികൾ ശരീരം ഇന്ദ്രിയം മനസ്സ് അജ്ഞാനം തുടങ്ങിയ എല്ലാ ഉപാധികളും പഞ്ചകോശ് അതാ ഉപാധിയുടെ അഭാവവും തത്തോ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെ എല്ലാ ബ്രഹ്മസ്വരൂപം തന്നെ അത് ഇപ്പൊ കുടം ഉടഞ്ഞു കിടക്കുന്നു ഓട് കുടത്തിന്റെ നാശം എന്ന് പറയുന്നത് എന്താണ് ഓടാണ് അല്ല വേറെ നാശം എന്ന് പറയും പ്രത്യേകിച്ച് ഒരു വസ്തു അവിടെ ഓടാണുള്ളത് അതുപോലെ അവിദ്യ നശിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത് അവിദ്യ നശിച്ചു എന്ന് പറഞ്ഞെന്താ ഉള്ളത് എന്താണ് പിന്നെ ഉള്ളത് ബ്രഹ്മം മാത്രം നാശം അധികരണ സ്വരൂപമാണെന്നുള്ള സിദ്ധാന്തം പറയുന്നു മേശയിൽ ഘടത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ അത് മേശയാണ് അത് മേശയിൽ നിന്ന് വേറിട്ട് വന്നല്ല അതുപോലെ കുടങ്ങളുടെ കുടത്തിൽ അതിന്റെ കഷണങ്ങൾ കിടക്കുമ്പോൾ അതിൽ എന്ന് പറയുന്ന ആ കഷ്ണങ്ങൾ അതുപോലെ ബ്രഹ്മത്തിന്റെ അവിദ്യ നശിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മമാണ് അവിടെ നാശം എന്ന് പറഞ്ഞ ഒരു വസ്തു വേറെയില്ല അതുകൊണ്ട് അകണ്ഠ സാക്ഷാത്കാരം ദോഷം അതാണെന്ന് വെച്ചാൽ തത്വത് ഉപാധി വിരഹോവി ഉപാധിനാശവും തതോന്ന അതിഥി ചെയ്തെന്ന് വെച്ചാൽ ആ ബ്രഹ്മത്തിൽ വേറെ അല്ല ബ്രഹ്മമേ ഉള്ളു അവിടെ രണ്ടാമതൊന്നുമില്ല അപ്പോ അകണ്ഠ സാക്ഷാത്കാര അതുകൊണ്ട് തന്നെ ഉദാഹരണം പറയുന്നു ഭാവതികാരന്റെ മാസ്റ്റർ പീസായ ഉദാഹരണമാണ് തസ്മാ ഗാന്ധർവശാസ്ത്ര അർത്ഥ ജ്ഞാനാഭ്യാസ ആയുധ സംസ്കാര സജീവ ൂർഭം നിഷാദ ഋഷഭ സ്വര സിസ്വരൂർഭേദനുഭവതി പ്രത്യക്ഷ സംഗീതം ശീലിക്കുന്ന ഒരാളന്ന് പറഞ്ഞുകൊടുക്കുക ഇത് ഷഡ്ജമാണ് ഇത് മധ്യമമാണ് ഇത് പഞ്ചമമാണ് എന്നിങ്ങനെ ഓരോ സ്വരങ്ങളെയും പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാല് അത് പഠിക്കുന്ന ആണ് ആ സ്വരഭേദം മനസ്സിലാവും അങ്ങനെ അയാൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു നിരന്തരം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ വരുന്ന സ്വരങ്ങളുടെ ഭേദങ്ങളറിയാൻ സാധിക്കും ശാസ്ത്രീയ സംഗീതം കേൾക്കുമ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ എന്ത് മനസ്സിലാവും ഇതാണ് സ്വരമെന്ന് മനസ്സിലാവും പഠിക്കാത്ത ആളാണെങ്കിലോ സ്വരഭേദം മനസ്സിലാക്കും ഒരു സൗണ്ട് മാത്രം കേൾക്കും അതുപോലെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നിരന്തരമായി നിധ്യാസനം ചെയ്യുന്ന ആളിന് അയാൾക്ക് മാത്രം എന്തു ചെയ്യാം അപരോക്ഷമായ സാക്ഷാത്കാരം ഉണ്ടാകും അയാൾക്കുണ്ടാകും അഹം ബ്രഹ്മാസി അത് എങ്ങനെ നിരന്തര സാധനമുണ്ട് സംഗീതത്തിന്റെ ആരോഹാവരോഹങ്ങളും സ്വരഭേദമെല്ലാം മനസ്സിലാക്കുന്ന പോലെയാണ് പ്രാക്ടീസ് കൊണ്ടേ അത് മനസ്സിലാവും പ്രാക്ടീസ് കൊണ്ടോ അത് മനസ്സിലാവുമെങ്കിൽ ഇതും മനസ്സിലാവും സംഗീതത്തിന്റെ സുരഭേദവും ആരോഹാപരവുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിലാവുമെങ്കിൽ നീത്യാസനം കൊണ്ടെന്ന് മനസ്സിലാക്കാം ബ്രഹ്മത്തെ ശരിക്കും ആണ് പറയുന്നത് തസ്മുണ്ട് യഥ എങ്ങനെയാണോ ഗാന്ധർവശാസ്ത്രാർത്ഥ ജ്ഞാന അഭ്യാസ ഗാന്ധർവശാസ്ത്രം സംഗീത ശാസ്ത്രം അതിന്റെ അർത്ഥം ജ്ഞാനം അതിന്റെ അർത്ഥം എന്താണെന്നുള്ള ആ ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടാകുന്ന അങ്ങനെ ഓരോ സ്വരസ്ഥാനങ്ങള് സ്വരൂപൊക്കെ മനസ്സിലാക്കുന്നു അതിന്റെ അഭ്യാസ ആഹിത അതുകൊണ്ടുണ്ടായ സംസ്കാരം അതുകൊണ്ട് ഒരു സംസ്കാരം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നത് ആ സംസ്കാര സജീവ ശ്രോത്രേന്ദ്രിയേണ ആ സംസ്കാരത്തോടുകൂടിയ ശ്രോത്രേന്ദ്രിയാണ് അപ്പൊ ശ്രോത്രേന്ദ്രിയ കാരണം അത് ശ്രോത്രേന്ദ്രിയം പറയുന്ന ശബ്ദത്തെ ഗ്രഹിക്കുന്നത് ശ്രോത്രേന്ദ്രിയാണ് അപ്പൊ ശബ്ദഭേദങ്ങൾ ഗ്രഹിക്കുന്നത് എന്താണ് ശ്രോത്രേന്ദ്രിയാണ് ശരിക്കും അത് മനസ്സിലാഗ്രഹിക്കുന്നത് ശ്രോത്രേന്ദ്രിയ എന്നാൽ ഇവിടെ സ്ത്രോത്രേന്ദ്രിയൂടെ ഗ്രഹിക്കുന്നോണ്ട് ശ്രോത്രേന്ദ്രിയ ശ്രോത്രേന്ദ്രിയ ഷഡ്ജാതി സുരഗ്രാമം നിഷാദം ഋഷഭം കാന്താരം തുടങ്ങിയ ഷഡ്ജാതി സപ്തസ്വരഗ്രാമം സ്വരങ്ങളെല്ലാം അവയുടെ മൂർച്ചനാഭേദം ആരോഹ അവരോഹ ഭേദങ്ങൾ സംഗീതെന്താണ് അതിന്റെ ആരോഹ അവരോഹണങ്ങളാണ് ആ ഭേദം അധ്യക്ഷമനുഭൂതി അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു അത് പ്രത്യക്ഷമായി അനുഭവിക്കുന്നു നിരന്തര സംഗീതത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു ഈ സ്വരത്തിന്റെ ആരോഗങ്ങളെ പ്രത്യക്ഷമായി അറിയുന്നു അവർക്ക് സ്വരം മാറി അവിടെ അറിയാൻ പറ്റും കാന്ധാരത്തിന് പകരക്ഷം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരാൾക്ക് അറിയാൻ പറ്റും അത് പ്രത്യക്ഷ എന്തുകൊണ്ടത് പ്രാക്ടീസും നിരന്തരമായ നിത്യാസനം കൊണ്ട് സാധിക്കുന്നു അതുപോലെ വേദാന്തർ വേദാന്തം കൊണ്ട് വേദാന്തത്തിന്റെ അർത്ഥാനം ബ്രഹ്മാസ്മി ഇതാണ് അതിന്റെ അതിന്റെ അഭ്യാസം നിരന്തരമായ എന്റെ വ്യത്യാസം അതുകൊണ്ട് ആയുധമായ ഉണ്ടായ ്രഹ്മ സാക്ഷാത്കാരം ജീവസ്യം അങ്ങനെയുള്ള സാക്ഷാത് എങ്ങനെയുള്ള സാക്ഷാത്കാരം ജീവന്റെ സാക്ഷാത്കാരം എന്ത് സാക്ഷാത്കാരം ബ്രഹ്മഭാവം ബ്രഹ്മഭാവ സാക്ഷാത്കാരം ജീവസ്യ ബ്രഹ്മഭാവമാണ് സാക്ഷാത്കാരം ജീവസ്യ ബ്രഹ്മഭാവ സാക്ഷാത്കാരം അന്ധക്കരണം കൊണ്ടാണ് സംഭവിക്കുന്നത് ഷബ്ജാതി സ്വരഭേദം ശ്രോത്രേന്ദ്രിയത്തിലൂടെ എങ്ങനെയാണോ ഗ്രഹിക്കുന്നത് അതുപോലെ എന്താണ് തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അഭ്യാസങ്ങളുണ്ടാകുന്ന സംസ്കാരം കൊണ്ട് ജീവത്തിന്റെ ബ്രഹ്മഭാവത്തെ സാക്ഷാത്കരിക്കുന്നു അത് എന്താണ് അന്ധക്കരണേന ണം കൊണ്ടാണ് അപ്പൊ സംസ്കാരം അഭ്യാസം കൊണ്ടുണ്ടാവുന്ന സംസ്കാരം കൊണ്ട് വരുന്ന സാക്ഷാത്കാരം അതിനാണ് എന്തു പറഞ്ഞത് ജീവസ്യ ബ്രഹ്മഭാവം ആ ജീവസ്യ ബ്രഹ്മഭാവം എങ്ങനെ വരുന്നു അന്ധക്കരണം കൊണ്ട് അല്ലാതെ ശബ്ദമല്ല അവിടെ ഇത് ശാബ്ദജ്ഞാനം ശബ്ദജ്ഞാനം എന്നാലോ പറയുന്നത് വിവരണകാരന്റെ അഭിപ്രായം ഇത് ശബ്ദജ്ഞാനമാണ് ഇവിടെ എന്തുപറയുന്നു അത് അന്ധക്കരണജന്യമാണ് അല്ലാതെ ശബ്ദപ്രമാണജന്യം അതുകൊണ്ടാണ് വീണ്ടും ഉറപ്പിക്കുന്നത് അപ്പോ ജീവസി ബ്രഹ്മഭാവം എന്ന് സാക്ഷാത്കാരം അത് എങ്ങനെ നിരന്തര അഭ്യാസം കൊണ്ട് വരുന്ന സംസ്കാരത്തോട് കൂടിയ സാക്ഷാത്കാരം അന്ധക്കരണ അന്ധകരണം കൊണ്ടാണ് സംഭവിക്കുന്നത് മറിച്ച് എന്തുകൊണ്ടല്ല ശ്രദ്ധ കൊണ്ടല്ല ഇതാണ് പ്രധാനമായ സിദ്ധാന്തം ഇത് പലവണ്ണ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കാര സജീവ ശ്രേണി സംസ്കാരത്തോട് കൂടിയ സിനിമ പറയാൻ പ്രത്യേക ഒരു വാക്കിനസ്കാരത്തോട് കൂടിയ